യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക നിന്റെ സേനാ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്കു വരുന്നു നീ മൽക്കി വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവാ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലാടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്തുകളയും അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവൻ തല ഉയർത്തും യഹോവയെ സ്തുതിപ്പീൻ